ും വെറും കഞ്ഞിവെള്ളം ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള അറിയാം വെള്ള നിസാരമായിട്ട് ആ സാധനം കൊണ്ടായിരുന്നു ഏഴ് ലക്ഷവും എട്ട് ലക്ഷവും മുടക്കി മെടുക്കരായി കുടുംബവും തകർത്ത് തെക്കേപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊണ്ടുമ്പോഴത്തേക്ക് പിള്ളേര് തെണ്ടാനിറങ്ങുന്ന വരുവത്തിലായി വരുന്നത് കക്ഷത്തിലൊക്കെ വന്നാൽ പശുവിന്റെ പല്ലരച്ചിടും ആമയുടെ തോട് മോരിലരച്ചിടും പാമ്പഴിച്ച വളയരച്ചിടും ഒന്നും കേട്ടിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല മൂർഖന്റെ പ്രത്യേകിച്ച് ആണെങ്കിൽ കൂടുതൽ ഉത്തമം പാമ്പഴിച്ച വള എന്ന് പറഞ്ഞാൽ അതിന്റെ പടം ഈ കിണറ്റിന്റെ വക്കല അവിടെ എവിടെയൊക്കെ പാമ്പിന്റെ പടവരിപ്പ് ഉണ്ടാവും അതൊരു എടുത്തുകൊണ്ട് പോയി അരച്ചെണ്ണിടുക മരുന്ന് ചേർക്കണം ചെലപ്പം കാടി വെള്ളത്തിൽ പച്ചമഞ്ഞളും ഒക്കെ ചേർത്ത് അടച്ചുപോലും വല്ല സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് രക്തത്തിലാണിതൊക്കെ വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചട്ടിക്കകത്ത് കുറച്ച് മണലിട്ട് അതിന്റെ അടുക്കോട്ടൊരു തേങ്ങ ഒരു കരിക്ക് കൊണ്ടുവന്ന് പൊട്ടിച്ചു വെച്ച് അതിനകത്തേക്ക് ആ വെള്ളം തിളയ്ക്കുന്നവരെ തിളപ്പിച്ച് അടച്ചുവെച്ച് തിളപ്പിച്ച് അത് ഒരു ദിവസം വെച്ചിരുന്ന് രണ്ടു നേരം കൊടുക്കുമ്പോഴേക്ക് ബ്ലഡ് ഇൻക്രീസ് ചെയ്യും എല്ലാം കൂടെ കൂടി ഒരു പതിനഞ്ച് രൂപയുടെ പത്ത് രൂപ കരിക്കണോ അഞ്ചു രൂപ പോലെ രണ്ട് രൂപ വരയ്ക്കുന്നു പക്ഷെ നിങ്ങളുടെ ഇതുപോലല്ലോ പിന്നെ കള്ളക്കടത്തുകാരനും കരിഞ്ഞന്തക്കാരനും കള്ളുരാപ്പ് ഓണറും ഒക്കെ തന്ത ആയിരിക്കുമ്പോ ഈ പതിനേഴ് രൂപക്ക് രോഗം മാറിയാൽ നാണക്കേടാണ് ഒരു രൂപ കൊടുക്കേണ്ട ഒരു ഡോക്ടറെ കാണിച്ച് നാല് കീമിയോതെറാപ്പിയും രണ്ട് റേഡിയേഷനും ഒക്കെ എടുത്തു വരുമ്പോ ഒരുമാതിരി അന്തോസം ഉണ്ട് ചത്തുപോയാലും ശരിയല്ലേ പറഞ്ഞത് ുള്ള പുല്ലും വൈക്കൂലും ഒക്കെ തിന്നാൻ എന്റെ ജോലി എന്താ അത്ര നിസാരാണെന്നാ വിചാരിച്ച എന്റെ മകൻ ഐ ടിയില ഐ ടിയിലുള്ള മകൻ അവരൊക്കെ വിചാരിച്ച എന്തുചരിക്കും നിലമ്പരണ്ട പാമ്പ ഒഴിച്ച വള പരട്ടുകാരെ മനുഷ്യന് കയ്യും ബോട്ടും കിട്ടിയിരുന്നു ഇനി ക്യാപ്സ്യൂളിന്റെ കവറിനകത്ത് മഞ്ഞപ്പൊടിയും മണലുമായാലും വേണ്ടിവര അതിനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഇല്ലേ അതിന്റെ പുറത്തൊരു പിൻ പ്രിന്റിങ്ങും ഒക്കെ ഉണ്ട് അതൊന്നും വിരിങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരുമാതിരി അന്തസ്സുണ്ട് ഒരു രോഗം പോയി രണ്ടായാലും എന്താ കടന്നുപോയോ ഇതൊക്കെ വിവര കേടാ പണ്ട് യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ചോദിച്ചു എന്താ ജാതി കണ്ടിട്ട് എന്താ തോന്നാന്ന് ചോദിച്ചു കണ്ടാലും എങ്ങനെയാ അറിയാം പിന്നെ പറഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒന്ന് കണ്ടതാ അന്ന് മനസ്സിലായില്ല ഇന്നാ മനസ്സിലാകട്ടോ എന്തിനു ചോദിക്കണം കണ്ടില്ലേ അനുഭവം ചോദ്യം മനസ്സിലായില്ല അനുഭവമല്ല പുസ്തകത്തെ പ്രിന്റിങ് അവിശ്വാസം അതിന് വിവരക്കേടന്ന പേര് അതിന് പറഞ്ഞുകൊടുക്കലല്ല വേണ്ടേ നല്ല കൗളുമടലെടുത്തിട്ട് അടിക്കുകയാണ് വേണ്ടത് ഞാൻ കണ്ടു കൂടെ നിന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കുറവുണ്ട് അത് വളരെ ഫലവത്താണ് ഇത്രയും കണ്ടിട്ട് എനിക്കത് വിശ്വാസം ഇല്ല എന്ന് പറയുന്നെങ്കിൽ കാലെ പിടിക്കുക ഒരട്ടി അടിക്കുക കാരണം പിന്നെ നിങ്ങളോട് ഞാൻ ആ പാരമ്പര്യത്തെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ കൂടി അവ അന്ന് ഇത് പറഞ്ഞു തന്നില്ല അവരൊക്കെ കാണിച്ച തെറ്റാണ് അവരിത് രഹസ്യയായിട്ട് വെച്ചു പാരമ്പര്യത്തിന്റെ വിശയല്ല നമ്മുടെ വിവരക്കിട കണ്ടില്ലേ ചെയ്തു നോക്കത്തില്ലായിരുന്നോ അവര് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചോ നിങ്ങളെ എല്ലാരേം അവര് കങ്കയല്ലേ തെങ്ങിന്റെ മൊലി എടുത്തുകൊണ്ട് വെച്ച് കെട്ടിയത് അത് കാണാതെയാണോ തെങ്ങിന്റെ മൊലിയായി എടുക്കുന്നത് കാണിച്ചില്ലേ ില്ലേ ഇതുകൊണ്ട് വേഗം ഉണങ്ങുമെന്ന് അവർ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറഞ്ഞില്ലേ ഏ ഉണങ്ങി കണ്ടില്ലേ പിന്നെ നിങ്ങൾക്ക് എടുത്താൽ ഒരാൾക്ക് ചെയ്യാൻ എന്തായിരുന്നു കേൾക്കണം തെങ്ങില്ലായിരുന്നോ മൊരിയില്ലായിരുന്നോ കൈയില്ലായിരുന്നോ എത്തുകയില്ലായിരുന്നോ ഒരു തന്നെ വിളിച്ച് കേട്ടത്തില്ലായിരുന്നോ ചോദ്യം മനസ്സിലായില്ല ഏ നിങ്ങളെ സ്റ്റാൻഡറിന് പോരാതോ അത് നല്ലത് സ്റ്റാൻഡാർഡിലൂടെ പോയി പോയി അങ്ങേറ്റി തിരിഞ്ഞു മടങ്ങി സത്യം സത്യമായ അംഗീകരിതം അനുഭവമാണ് ശാസ്ത്രം അനുഭവത്തെ നിങ്ങൾ നിഷേധിച്ചു അനുഭവം ഇല്ലാത്തതിനെ എല്ലാം നിങ്ങൾ വിശ്വസിച്ചു ശരിയല്ല നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തതും തരുന്നവൻ അനുഭവം ാവിൽ നടന്നു എന്ന് പറയുന്ന പരീക്ഷണത്തിന്റെ പേരിൽ അവൻ നിങ്ങളെ ഗിനിപ്പന്നിയേക്കാൾ കഷ്ടമായി പരീക്ഷിക്കുമ്പോഴെല്ലാം നിന്നുകൊടുത്തനുസരിച്ചത് അവനും നിങ്ങൾക്കുമുള്ള വിദ്യാഭ്യാസം ഒന്ന് കാരണം മാത്രമാണ് അതിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ വിവരക്കേഴിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ നടത്തിയ പരീക്ഷണത്തിൽ ഇന്ന് നിങ്ങൾ കൈവിടുന്നതും ശരിയൊന്നുമല്ല നിങ്ങൾ നിന്നുകൊടുത്തിട്ട കുറ്റിയെല്ലാം ആ തലയിൽ വെച്ച് പൂരാനൊന്നും നോക്കണ്ട നിങ്ങൾ പോയി നിന്നില്ലായിരുന്നെങ്കിൽ ശരിയല്ല നല്ലോലോച നല്ല ആലോചിച്ചിട്ട് മാത്രം പറ ആയുർവേദത്തെ സമരത്തോളം ഗ്രന്ഥനാ ഗ്രന്ഥി ആ ഗ്രന്ഥി പരിണമിച്ചാണ് അർബുദമാകുന്നത് ഗ്രന്ഥി കുത്ര വ്യാപകോങ്കെ ോഷത്രാഗന്തുവ വാക്യ അർബുദ ഇങ്ങനെയുള്ള എല്ലാ അർബുദങ്ങളെയും ഇങ്ങനെ കാണുന്ന എല്ലാ അർബുദങ്ങളെയും ഒരു സെല്ലുലർ ക്ലോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബയോക്ലോക്ക് നിശ്ചയിക്കുന്നു എങ്കിൽ ിലക്ഷണമായ കാലത്തെ ആന്തരികമായി കണക്കാക്കേണ്ടതാണ് ഉള്ളിൽ തന്നെയാണ് ആ കാലത്തെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അത് വാർദ്ധക്യമാണെന്ന് പറഞ്ഞത് ഈ ആന്തരിക കാലനിശ്ചയത്തിൽ നിന്ന് മാനവ ജീവിതത്തിന്റെ ഇതിഹാസം ജൈവകാല ഗണനയുടെയും ബാല്യകാല ഗണനയുടെയും സമഞ്ജസ നമ്മൾ നേരത്തെ പറഞ്ഞത് ബീജസങ്കലന സമയത്തു തന്നെ ിക്കുന്നതാണ് ഒരു സൈറ്റോക്ലോക്ക് ഒരുവൻ്റെ വികാസം പരിണാമം മരണം എല്ലാം നിശ്ചയിക്കുന്നു എങ്കിൽ അതിനാധാരൂതമായ ഒരു വിഭജന പ്രക്രിയ വ്യക്തിയെയും വർഗത്തെയും അതിൻ്റെ ആയുർദ്ധ്യം തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു എങ്കിൽ അങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നത് വ്യക്തതയോട് അങ്ങനെയാണെങ്കിൽ വാർദ്ധക്യം ഇന്ന് നേരത്തെയാണ് ഈ വികാസ പരിണാമങ്ങളിൽ കോശ വിഭജനത്തിലൂടെ വാർദ്ധക്യം നേരത്തെയാകുന്നു തമാശ കൂടെ പറയട്ടെ വ്യാസസങ്കല്പം വിജയിക്കുന്നുവോ എന്ന് സംശയിക്കുന്നു പതിനാറ് വയസ്സുള്ള നരന്മാരും നരച്ചിടും വാർദ്ധക്യ ലക്ഷണങ്ങളെല്ലാം നേരത്തെ വരുന്നു ശരിയായിരിക്കോ ര മാത്രല്ല മുപ്പതും മുപ്പത്തഞ്ചും വയസ്സിൽ ഉണ്ടാകേണ്ട അറിവുകൾ അഞ്ചു ആറും വയസ്സിലുണ്ടാകുന്നു ശരിയായിരിക്കോ പഴയ കാലത്ത് ധനം ധനാഗമ മാർഗം അതിന്റെ ലാഭനഷ്ടങ്ങളൊക്കെ ഒരു മുപ്പതൊക്കെ കഴിയുമ്പോഴേക്കെ ആളുകൾ ചിന്തിച്ചിരുന്നുള്ളൂ ശരിയല്ല ഇന്ന് വീട്ടിലെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാൾ അഞ്ചും നാലും വയസ്സുള്ള പിള്ളേരായി കണക്കെല്ലാം കൂട്ടുന്നത് അതിനറി എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ എട്ട് പത്ത് വയസ്സാകുമ്പോഴേക്ക് അറുപതും അമ്പതുമൊക്കെ വയസ്സാകുമ്പോൾ സാധാരണ സംഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും ഉണ്ടാകുന്നു ഒരു ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തിട്ടില്ലാതിരിക്കെ ഒന്നിനോടും പ്രതിബദ്ധത പുലർത്തണ്ടാതിരിക്കെ ശൈശവും ബാല്യവും കൗമാരവും സ്ട്രെസിന്റെയും ടെൻഷന്റെയും വേദികളായി മാറുന്നു കോശം വാർദ്ധക്യം ബാധിക്കുന്നു ശരിയല്ല അച്ഛനും ഇല്ലാത്ത ടെൻഷൻ ഇന്ന് പിള്ളേർക്ക് ഉണ്ടാകും ഇതൊക്കെ സമഗ്രമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലെ വയസ്സന്മാർക്കുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഒക്കെ ടെൻഷൻ നിങ്ങളുടെ പിള്ളേർക്ക് നല്ലതും ഒരിയപ്പെടുതി ഇല്ലായ്മ ശരിയല്ല പണ്ട് വയസ്സാകുമ്പോൾ ഓർമ്മ കുറയുകയോ അർത്ഥമില്ലാത്ത വാക്കുരിയാടുകയോ ചെയ്യുന്നതിന് സൈക്കാട്രിസ്റ്റിന്റെ അടുക്കലെങ്ങാനും കൊണ്ടുപോയാൽ ഇന്ന് പിള്ളേരെയും കൊണ്ടായല്ല തന്തയും തള്ളയും പോകും തന്തയും കൊണ്ട് തന്തയും കൊണ്ട് മക്കൾ പോകുന്നവർ പിള്ളേരെയും കൊണ്ട് തന്തയും തള്ളയും പോകുന്ന ഒരു കാലം എന്റെ സ്വാമി ഇവക്കുറക്കില്ല ഇവൻ ഉറക്കില്ല ഉറക്കില്ലായ്മ എനിക്ക് വരുന്നത് ശരിയല്ല ഇപ്പൊ മൂന്നുറക്കുളികൾ കഴിച്ചിട്ടായി ഈ കുഞ്ഞ് രണ്ടു മണിക്കൂർ ഉറങ്ങുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേറ്റിരിക്കുക ഞങ്ങൾക്കും ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല ഇത്ര വയസ്സുണ്ട് നാലര വയസ്സ് ശരിയല്ല അതിശോക്തി ഉണ്ട് എന്റെ വാർത്തി ഞാൻ പറഞ്ഞതിൽ കുറച്ച് അതിശോക്തിയുണ്ട് ഏ സ്ട്രെസ് നാലര വയസ്സിൽ ഞാൻ നാലര വയസ്സു ആറു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ടുവന്ന് തള്ള പറയാണ് പുറത്തുള്ളവരേക്കൊക്കെ എങ്ങനെ പറയും കുഞ്ഞ് മാസ്റ്റർ ചെയ്യുന്നു സൈക്കാട്രിസ്റ്റിനോട് പറയുകയാണ് എവിടെയാണ് കുഞ്ഞിന്റെ മസ്തിഷ്കം എവിടെയാണ് അവയവന്നത് ആദ്യത്തു പോട്ടെ കുറെ കൂടെ കടന്നോ ഞാൻ ആദ്യത്തേ മര്യാദയ്ക്ക് നിർത്തിയേക്കാവുന്ന ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഡയറി എടുത്തു നോക്കിയാൽ ആധുനിക മനുഷ്യനെ ആത്മഹത്യ ചെയ്തു അവന്റെ വരും തലമുറയെ പറ്റിയോ പുറത്തുമുണ്ടാൻ പറ്റുമോ അതിൻ്റെ അത്ഭുത ലോകങ്ങൾ അതിൻ്റെ വർണ്ണപ്രവ പ്രപഞ്ചം ഇടർത്തി ഉണരുമ്പോൾ ആധുനിക മാനവന്റെ പോക്ക് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാലമായി അച്ഛനമ്മമാരും സമൂഹവും ഒക്കെ ശ്രദ്ധാന്വുതമായിരിക്കേണ്ട കാലം കഴിഞ്ഞു വളരെ ആലോചിച്ച് നോക്കുക ഒരകാല വാർദ്ധക്യം സമാജത്തെ തന്നെ പിടികൂടി കഴിഞ്ഞു പോ ടി മേഖല പിള്ളേരെ നോക്കിയാൽ കഷ്ട അവരുടെ അവർക്ക് വാർദ്ധക്യം വളരെ നേരത്തെയാണ് കാരണം നിങ്ങൾ ഗവേഷണം ചെയ്തത് ഏഹ് മൂത്ത ചെടിയുടെ കമ്പ് മുടിച്ചു നട്ട് അതിന്ന് സസ്യങ്ങൾ ഉണ്ടാക്കി അത് എത്ര കാലം നിൽക്കും അതിന്റെ അത്രയും വാർദ്ധക്യം കൂടെ കഴിഞ്ഞല്ലേ ചെറുതായിട്ട് വരുന്നത് മനസ്സിലായില്ല മനസിലായില്ല അതിന്റെ വിത്തും ബലങ്ങളും ഒക്കെ അല്ലെ തുടക്കത്തിന്റെ മനസ്സിലായില്ല മനസ്സിലായില്ല യൗവന യുക്തയായ ഒരു മാതാവിൽ നിന്ന് യൗവനം തികഞ്ഞ ഒരു സസ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബലത്തിൽ നിന്ന് പുതിയൊരു സസ്യം ഉണ്ടാകുന്നതും ജന്തുണ്ടാകുന്നതും മനസ്സിലായില്ല വാർദ്ധക്യമെത്തിയ കോശത്തിന്റെ സെല്ലുലർ യോളജിയിൽ നിന്ന് പുതിയൊരു സസ്യത്തെയോ ആ വാർദ്ധക്യം എന്ന സ്ത്രീയുടെ കോശാന്തരത്തിൽ നിന്ന് ഒരു വരുമ്പോൾ അതിന് വീജാദാനം ചെയ്യുന്ന ആ കോശത്തിന്റെ അറിവും വാർദ്ധക്യവും പരമ്പരാന്വിതമായ ഒരു അകാല വാർദ്ധക്യത്തിന് അറിവിൽ വിത്തിടുമോ എന്ന് ചോദ്യം മനസ്സിലായില്ല ഒരു മാങ്ങായ കുഴിച്ചിട്ടൊരു മാവ് ഉണ്ടാക്കുന്നതും വാർത്തക്യം നിൽക്കുന്ന മാവിന്റെ വാർത്തക്യം ബാധിച്ച കോശത്തിന്റെ സെൽ ബയോളജിയിലെ പ്രോട്ടോപ്ലാസം വേർതിരിച്ചെടുത്ത് മനസ്സിലായില്ല അതിൽ നിന്ന് ക്ലോണിങ്ങിൽ ഒരു മാവിനെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലായില്ല രണ്ടാമത്തെ മാവിന് ആധാരമായത് കോശവാർധക്യത്തിന്റെ ഇതിഹാസമാണെങ്കിൽ അത് അതിനെയും ചരിത്രഗതിയെയും ചുറ്റുപാടുകളെയും പ്രകൃതിയെ കൃത്രിമമായി സൃഷ്ടിക്കാൻ പോകുന്ന ദുരമൂത്ത മനുഷ്യന്റെ മുന്ന മുന്നേറ്റം അവന്റെയും രചിക്കുന്ന ഒരകാല വാർദ്ധക്യത്തിലേക്ക് എന്ന് ആ ചിന്തിക്കേണ്ടിയിരിക്കും അത്രയും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല എങ്കിലും പതിനാല് പേര് ഉണ്ടാവുമ്പോൾ വാർത്ത ഒക്കെ എന്തിലുണ്ടാകുന്ന പിള്ളേരെ നോക്കിയാൽ അറിയാം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിനക്ക് തന്നെ അറിയത്തില്ലേ നിനക്ക് തന്നെ വളർത്തും അറിയത്തില്ലേ അ ജനുസുകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു പത്ത് പ്രസവിച്ച പശു പതിനൊന്നാമത് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ കുഞ്ഞിന്റെ കൂട്ടാണോ അതിന്റെ വളർച്ചയാണ് പശുവിനെങ്കിലും വളർത്തിയിട്ടില്ലേ പാലിന് സ്വഭാവം വ്യതിയാനം ഉണ്ടോ പാലിന് രുചിയിലും ഗുണത്തിലുമൊക്കെ വ്യത്യാസമുണ്ടോ ഒന്നാമത്തെ പ്രസവത്തിലെ പാലും രണ്ടാമത്തെ പ്രസവത്തിലെ പാലും ഒരു പത്താമത്തെ പ്രസവത്തിലെ പാലും ഒക്കെ ആകുമ്പോ പാലിന് വ്യതിയാനം ഉണ്ടോ എന്റെ ജോലി പശുവിനെ വളർത്തിട്ടില്ലേ പശു നോക്കിയാ മതി എന്തിനാ ഒരുപാട് നോക്കുന്നത് ചന്ദ്രനുണ്ട് രണ്ട് പിള്ളേരെ നോക്കിയാൽ പോലെ മഹാഭാരത ഇതിഹാസമായി യൗവനയുക്തയായ സത്യവതിയിൽ കിളവനായ ചന്ദുനുണ്ടായ രണ്ടു പിള്ളേരും ചന്ദനു യൗവനത്തിൽ ഗംഗ ഗംഗയിലുണ്ടായവനും തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കിയാൽ പോരെ ഇതിഹാസത്തില് കഥകളിൽ പോലും എങ്ങനെയാണ് നല്ലപോലെ ആലോചിച്ചു കാലാശ്രിതമായ ഒരു ഉപകരണമെന്ന് കണക്കാക്കുന്ന ഇതുതന്നെ ഉചിതമെന്ന് പറയാം ഓരോ ജീവിയും അതിൻ്റെ ചരിത്രത്തോടൊപ്പമാണ് പ്രത്യക്ഷപ്പെടുന്നത് ഓരോ ജീവിയുടെയും കോശത്തിൽ അതിൻ്റെ വർഗ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു തവളയുടെ കോശത്തിലും ഒരു മനുഷ്യന്റെ കോശത്തിലും ഒരു എലിയുടെ കോശത്തിലും അതിൻ്റെ വർഗത്തിന്റെ കാലനിർണ്ണയവും ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര കാലം ഒരു ആന ജീവിക്കും ഒരു തവള ജീവിക്കും ഒരു മനുഷ്യൻ ജീവിക്കും എന്നൊക്കെ നാം അതിൻറെ വർഗ സ്വഭാവം തിരഞ്ഞെടുക്കുന്നത് അതിന്റെ കോശത്തെ അവലംബിച്ച അതുകൊണ്ട് ആ ചരിത്രത്തെ അവലംബിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാൽ ഈ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാം എവിടെയാണ് പൗരാണികരുടെ സംസ്കാര കർമ്മങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾ പിന്നെ പഠിച്ചുകൊള്ളുക ആ ദിനങ്ങളൊക്കെ കോശവിഭജനത്തിന്റെ ഗർഭാശയത്തിലെ കോശ വിഭജനത്തിന്റെ അമ്പത്താറ് ദിവസവും പ്രസവിച്ചു കഴിഞ്ഞ് ദിവസവും ഒക്കെ പ്രാധാന്യമുള്ളതായിരുന്നതും വാതൽപ്പുറ കാഴ്ചകളും പുംസവനങ്ങളും ഒക്കെ പ്രധാനമായിരുന്നതും ഗർഭാധാനാദി സംസ്കാരങ്ങളൊക്കെ പ്രധാനമായിരുന്നതും ഒക്കെ ഇളവിലായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് കാരണവ കാരണവന്മാർ ചെയ്ത പരമാബദ്ധങ്ങളും സമയനഷ്ടങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ മാറ്റി ധനലാഭവും സമയലാഭവും കൃത്യതയും ഒക്കെ നേടി ആധുനിക വിദ്യാഭ്യാസത്തിൽ അഭിമാനിച്ചു പോയപ്പോൾ നിങ്ങൾ നേടുന്ന രോഗങ്ങളൊന്നും അന്ന് അവർ നേടിയില്ലെന്നു കൂടി ചേർത്ത് വെച്ചാൽ ഈ ഇതിവൃത്തം പൂർണമാണ് അതുകൊണ്ട് പഠനീയമാണ് കാരണം ഇതൊക്കെയുണ്ട് കൊച്ചിനെ എപ്പോഴാണ് സൂര്യനെ കാണിക്കുക പുറത്തു കൊണ്ടുപോവുക ഇതൊക്കെ ഉണ്ടെന്ന് ഇനി നമുക്ക് ആയുർവേദത്തിന്റെ ആ സദ്യയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു മടങ്ങാം അതിൻ്റെ ഇടയിൽ ഒരു ബാൽകൃഷ്ണൻ കടന്നുപോകുന്നതാണ് അഗ്നിവേശ പ്രണീതമായ അഞ്ചന നിദാനത്തിൽ കഫപ്രധാനമായി വാദാദിദോഷങ്ങൾ മേധസ്വ മാംസം രക്തം ഇവയെ ദൂഷിപ്പിച്ച് വൃത്തവും ഉന്നതവുമായി ഉണ്ടാകുന്ന ശോഭത്തെ ഗ്രന്ഥി എന്ന് പറയുന്നു എന്ന് കാണാം ആയുർവേദം ഗ്രന്ഥിയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് േശന്റെ അഞ്ചന നിദാനം വായിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും പുസ്തകത്തിന്റെ പേരാണ് അഞ്ചന നിദാനം ആ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് അത് മാംസം രക്തം ഇവയെ ദൂഷിപ്പിച്ച് വൃത്തവും ഉന്നതവുമായി ഉണ്ടാകുന്ന ശോഭം അർബുദത്തിന്റെ രൂപം ഇതുതന്നെ അർബുദം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ആധുനിക ഭാഷയിൽ ഇത് ദോഷങ്ങൾ കോപിച്ച് മാംസത്തെ ദുഷിപ്പിച്ച് വൃത്താകൃതിയിലും സ്ഥിരമായും ആഴത്തിൽ വേരുപിടിച്ചും ക്രമേണ വർധിച്ചും പഴുക്കാതെയും ഉണ്ടാകുന്ന ശോഭം അർബുദമെന്ന് സുശ്രുതനും കവദോഷപ്രധാനമായ ഗ്രന്ഥികൾക്ക് കാലാന്തരത്തിൽ സംഭവിക്കുന്ന മാറ്റമായി ഇതിനെ കരുതാം എന്ന് സുശ്രുതൻ മറ്റൊരിടത്തും പറയുന്നു അപ്പൊ ഗ്രന്ഥികളിലെ പിത്തരക്ത അനുബന്ധം പാകപ്രക്രിയക്ക് കാരണമായി തീരുന്നു ഗ്രന്ഥി അമുഴ അതിനകത്തെ പിത്തവും രക്തവുമാണ് പാകമാകാൻ സഹായിക്കുന്നത് പാകമാവുക എന്ന് പറഞ്ഞാൽ പഴുക്കുക ഒരു ഗ്രന്ഥി പാകമാവുക എന്ന് പറഞ്ഞാൽ പഴുക്കുക പഴുപ്പിച്ച് പൊട്ടിക്കളയും പൊട്ടിച്ചു തകാലത്തൊക്കെ ഈ സൂചിയൊക്കെ പഴിപ്പിച്ചിട്ട് പയ്യ വെച്ചാൽ പൊട്ടിക്കുക എന്നിട്ടുണ്ടോന്നറിയില്ല ഇല്ലെങ്കിൽ അന്ന് വൈദ്യന്മാരുണ്ടാവും അത് കീറി തോ പാക പ്രക്രിയക്ക് കാരണമായി തിരുന്നു ഈ വിധത്തിൽ സ്ഥനത്തെ ആശ്രയിച്ചാൽ സ്തനാർബുദം ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്രന്ഥി സ്ഥലത്തിലാണെങ്കിൽ സ്ഥനാർബുദം അത് അത് എടുത്തിട്ടാകാൻ പാടും കന്യകകളിലും പ്രസവിക്കാത്ത സ്ത്രീകളിലും സ്ഥനാർഭുദം സാധാരണമല്ലെന്നാണ് പ്രാചീന മതം അതുകൂടെ പരിഗണിച്ചാണ് ഞാൻ ആദ്യം ഒരു സങ്കേതം നിങ്ങളോട് പറഞ്ഞു മനസ്സിലായില്ല നിന്റെ തുടക്കത്തിൽ ആദ്യം പ്രകൃതിയുടെ പ്രായവും നിയമത്തിന്റെ പ്രായവും ഒരു സങ്കേതമായി പറഞ്ഞതിന്റെ പിന്നിൽ ഈ സൂചന ഞാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു കാരണം പ്രാചീന മതമനുസരിച്ച് കന്യകൾക്കും പ്രസവിക്കാത്ത സ്ത്രീകൾക്കും സ്ഥനാർബുദം കാണപ്പെടുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്തനാർബുദം അവർക്ക് സാധാരണമല്ല അത്യപൂർവമായെങ്ങാനും ഉണ്ടായെങ്കിലേ വിവാഹിതരും സന്താനങ്ങൾ കുറവുള്ളവരുമായ സ്ത്രീകളിൽ ഇത് സർവസാധാരണമാകുന്നു എന്ന് പ്രാചീന ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും സൂക്ഷിച്ചു നോക്കിയാൽ അത് കുറെയൊക്കെ ശരിയാണെന്ന് തോന്നുന്നു മര്യാദതാണല്ലോ ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ പറയുമ്പോൾ ഒരു നിങ്ങൾക്കൊരു പൊഴുതു ഒരു പഴുതു തരാതെ വേണമെന്ന് പറയാൻ ഇത് എഴുതി വെച്ചിരിക്കുന്ന അയ്യായിരം കൊല്ലം മുമ്പ് എവിടെയെങ്കിലും നടക്കുന്ന വഴി കാണുന്ന നാല് ചെടിയെടുത്ത് പറിച്ചു കൊടുക്കുന്നതാണ് ആയുർവേദം തെറ്റിദ്ധാരണയുള്ളവന്റെ ബോധത്തിലോട്ട് കയറാനാണ് ഈ പ്രാചീന സജ്ഞങ്ങളൊക്കെ പറയുന്നത് അങ്ങനൊരു ധാരണയാണ് നിങ്ങൾക്ക് ആയുർവേദം എന്ന ഒന്ന് കാരണം നിങ്ങൾ പഠിച്ചിടക്കം കേട്ടിട്ടില്ലാത്ത സാധനമായ ഇത് മാധ്യമങ്ങളോ മറ്റുള്ളവരോ ബൊക്കെ പിടിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് കുറേയൊക്കെ അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ധാരണകളൊക്കെ അതേക്കുറിച്ചുണ്ടാവും പ്രമാണവും തരാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇതൊക്കെ സ്വാമി ഉണ്ടാക്കി പറയുകയാണ് ഇങ്ങനെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ വൈകി ആയുർവേദത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാക്കി പറയുന്നതാണെന്ന് നിങ്ങളിലെ പുളവന്മാർ പോകും അതിനും ചാൻസ് തരുന്നില്ല എടുത്തു വെച്ച് പഠിക്കാൻ വാങ്ങിക്കാൻ കിട്ടുമ്പോഴും കിട്ടുകയറാത്ത പുസ്തകവും ഞാൻ കോട്ടിയിരുന്നില്ല അതിൽ വളരെ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് സ്തനവഹസ്രോതസ്സുകൾ ക്ഷീരസ്രോതസ്സുകൾ അതൊക്കെയാണ് സ്ഥനവഹസ്രോതസ്സുകൾ എന്ന് പറയുന്നത് ആ സ്രോതസ്സുകൾ സംവൃതങ്ങളായിരിക്കുകയാൽ കന്യകയിലും പ്രസവിക്കാത്ത സ്ത്രീകളിലുമൊക്കെ അവ സംവൃതങ്ങളായിരിക്കുകയാൽ പ്രസരണം ദോഷപ്രസരണം സംഭവിക്കുന്നില്ല എന്നതിനാൽ അവർക്ക് പ്രായണ സ്തനാമയങ്ങൾ കുറവാണ് എന്നാണ് സുശ്രുതൻ പറഞ്ഞത് സംസ്കൃതത്തിന്റെ മലയാളം ാംരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്താൽകളായ സ്രോതസ്സുകൾ സ്വാഭാവികമായി വിവൃതങ്ങളാവുന്നു അവ തുറക്കുന്നു ഈ പാല് കടന്നു പോകാൻ അങ്ങനെ വിവൃതങ്ങളാവുകയും സ്ഥനാമയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സ്ഥനത്തിന് ആമയം രോഗം ദുഃഖം ഉണ്ടാവുകയും ചെയ്യും സർവശരീരവ്യാപിയായിരിക്കുന്ന ദോഷങ്ങൾ സ്ഥനങ്ങളെ ആശ്രയിച്ച് ഗ്രന്ഥിയായിത്തീരുകയും പിത്ത രക്തങ്ങളുടെ ആധിക്യത്തിൽ പാകമായിത്തീരുകയും ചെയ്യാം സ്ഥനങ്ങളെ ആശ്രയിച്ച് ഉണ്ടാവുന്ന അർബുദത്തിൽ മാംസധാതുവിനായിരിക്കും പ്രാധാന്യമുള്ളത് കാരണം അത് മാംസം മാത്രമായതുകൊണ്ട് ഇത് സുശ്രുതന്റെ അഭിപ്രായമാണ് ഇതെന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല അതന്ന് കണ്ടുപിടിച്ചിരുന്നു ഇതിന്റെ ചികിത്സ ഉണ്ടായിരുന്നു അതൊരു വലിയ മാരകമായി വളർന്നിരുന്നില്ല അതുകൊണ്ട് ഇത് മഹാരോഗമായിരുന്നില്ല ഇന്നും അന്ന് പറഞ്ഞ മരുന്നൊക്കെ എടുത്തു കൊടുത്താൽ മാറുകയും ചെയ്യും വലിയ പഠിത്തം ഒന്നും ഇണ്ട് കത്തും പുറത്തും അത് അപ്പനും അപ്പൂപ്പനും ഒക്കെ നോക്കിയ പുസ്തകം എടുത്ത് അതൊന്ന് നോക്കിയിട്ട് ഇതാണെന്ന് ഇപ്പൊ തിരിച്ചറിയാനും വലിയ പ്രയാസമൊന്നുമില്ല ഏഹ് ഉള്ളും കോശമൊന്നും വിവയിച്ചും കീറിയും മുടിച്ചും ഒന്നും നോക്കണ്ട അതൊക്കെ ഡയഗ്നോസിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചികിത്സ ഇല്ലാതാവുകയാണ് മനസ്സിലായില്ല ക്യാൻസർ എന്ന മഹാമാരണത്തിന് നിങ്ങൾ ചിലവാക്കുന്ന പണം കൂടുതലും അത് ക്യാൻസർ അല്ലയോ ഇത് നിശ്ചയിക്കാൻ മാത്രമാണ് മനസ്സിലായില്ല നിശ്ചയിച്ചു കഴിഞ്ഞാൽ കച്ചവടം തീർന്നു പട്ടിയെ എടുത്ത് മുമ്പിൽ വച്ച് ഇത് പട്ടിയാണോ എന്ന് പറയാൻ ഗവേഷണം ചെയ്യുന്നത് ഇത് പട്ടിയാണെന്ന് ബോധ്യമുണ്ടെങ്കിലും പട്ടിയാണെന്ന് ഉറപ്പുവരുത്താൻ ഒരു അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അവനുള്ള ഫ്ലൈറ്റ് ചാർജും കൊടുത്ത് അവൻ വന്ന് നാല് സൂചിയും അവിടെ ഇവിടെ ഒന്ന് കുത്തി നോക്കി മനസ്സിലായില്ല പട്ടിയുടെ വാലിന്റെ അറ്റത്തൊരു കഷ്ണം മുറിച്ചെടുത്ത് വേറൊരു പട്ടിയുടെ വാലെ മുറിച്ചെടുത്തതുമായി താരതമ്യം ചെയ്ത് നോക്കി ഇത് പട്ടി തന്നെയാണ് എന്ന് പറയുന്നതിൽ രണ്ടു ലക്ഷം രൂപ ആ പട്ടിന്ന് മലയാളത്തിൽ എഴുതിയാൽ പോരാ പക്ഷേ ഇവൻ എഴുതുന്നത് പി എ ടി ടി വൈ ആണെങ്കിലും വായിക്കുന്നത് പാട്ടി എന്നാവും ജൂമ്മോ ബാക്കി നമുക്ക് നാളെ കാണാം ആളെല്ലാം അടുത്ത ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാം നിനക്ക് ഞങ്ങളൊക്കെ പക്ഷൊരു സുഖമായത് കൊണ്ട് വട്ടുപിടിച്ചതാണ് എന്താലോചിച്ചൊക്കെ വന്നിരിക്കാവും ഹൃദയത്ത് വട്ടുപിടിച്ചാൽ വലിയ അപകടമാണ് ആലോചിച്ചൊക്കെ വന്നിരിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് അവസാനിപ്പിക്കാം നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവിയും സരസ്വതി വ്യാസം കഥോദയമുദിയുടെ ഹരിഹവും